ോധ്യമോളാവും ഘനവതി തേജോമയീ നൈഷ്ടീ സ്വാദവിലോകി ഭഗവതീ നന്ദസ്മൃത ശ്രീമീ വാർത്തലമൃതവർഷിണി സങ്കീർത്ത ഭാവനിഗതവ്യാഖ്യാതൈവോ യഞ്ഞ്ചാനവുഷാവണം ഹരി സോവ്യാഹരുന്ദരലുമാദ്രിജൂടാമണി യോഗ്യലക്ഷണാവതികരശ്രജിതം ജാനോക്തമാഖ്യം തീ സാനന്ദ വിഗ്വ പ്രതിപന്ധിമാലധ്വാൻഡ്വംസ പ്രഗത്ഭവാചാരേ സ്വലമുനി പ്രഗൽവി വിദുഷ പ്രമാണനഹനിന്നമഹാമരാജ നമസ്കൂന്നോ നായ പ്രസാദാ ശ്രീരാത്മനി തമസിന്റെ അഭാവത്വം അതിനെ ഭണ്ണിക്കുകയാണ് സിദ്ധാന്തി പറയുന്നത് തമസ്വഭാവമാണ് അത് ഹൃദയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത് പുറോഷി താർക്കികം പറയുന്നത് തമസ്വഭാവമാണ് ഭാവാഭാവാധിക അവിദ്യ തത്വ ദുഷ്ടാന്തി ഭാവത്വം സദ്യ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓർത്തിരിക്കേണ്ട കാര്യമാണ് അതന്റെ വാദം പൂർത്തിയാകുമ്പം അത് വ്യക്തം ആകും ഭാവേശ്വനന്തർവരൂപത്തിലുള്ളതല്ല ആര് പറയുന്നു ഭാവേശ്വനന്തർഭവപദാർത്ഥങ്ങൾ അന്തർഭവിക്കുന്നില്ല നമ്മളത് എങ്ങനെ അന്തർഭവിക്കുന്നില്ല എന്നുള്ള നമ്മൾ ചർച്ച ചെയ്തത് ഭാവപദാർത്ഥങ്ങൾ എന്ന് പറയുമ്പോ ഏതെല്ലാം സാമാന്യ ശേഷ സന്തർഭവിക്കുന്നില്ല പൃഥിദ്രമത് തന്യത് ചോദ്യം തദ്ധി എന്ന് പറഞ്ഞാൽ പൃഥിവ്യാധിദ്രവ്യാണന്യത്വ എന്ന് പറഞ്ഞാൽ പൃഥി ദ്രവ്യം നവദ്രവ്യാണതമ നവദ്രവ്യങ്ങളിൽ ഒന്നാണോ തധന്യത്വ എന്ന് പറഞ്ഞാൽ അതിന് ഭിന്നമാണോ ഭിന്നമാണെന്ന് ചോദിച്ചാൽ ഭാവപദാർത്ഥമല്ല പുതിവ്യങ്ങളിൽ ഒന്നാണോന്ന് പറഞ്ഞോ ദശമം ദ്രവ്യമാണോ ആ അതാണോ മറ്റേത് ബുദ്ധനും പറയാം അതാണ് എന്റെ ഉത്തരം നവദ്രവ്യങ്ങളിൽ ഒന്നാണോ അന്യമാണോ എന്ന് പറഞ്ഞാൽ പത്താമത്തെ ദ്രവ്യമാണ് ആണ് ഇവിടുത്തെ ചോദിക്കുന്നത് ഭാവോ അഭാവമോന്നുള്ളതല്ല നിങ്ങൾ പറയുന്ന നവദ്രവ്യങ്ങളിൽ ഒന്നാണോ അതോ പത്താമത്തെ ദ്രവ്യമാണോ അതാണ് പൃഥി വ്യാധിദ്രവ്യാണാം അന്യതമത് തത് അന്യത്വ അവിടെ അന്യതമ തത് അങ്ങനെ അന്യതമത്ത് തത്ത് ക്വസ്റ്റിൻമാർക്ക് എന്നാണ് വാസ്തവത്തിൽ അന്യതമത്ത് അവിടെ നിർത്തിയിട്ട് തത് അർവ അങ്ങനെ വേണം കാരണം എന്തുകൊണ്ട് തത്ത് നേരത്തെയുണ്ട് തദ് നേരത്തെ ഒന്നുകൊണ്ട് അവിടെ ഒരു ക്വസ്റ്റ്യൻമാർക്കിന്റെ ആവശ്യമല്ല പൃഥ്വിധി ദ്രവ്യാണാം അന്യതമത് തദ്ന്യർവ Like, you ും കുഴപ്പൊന്നുമല്ലമത് എന്ന് പറയുന്ന പ്രയോഗം എങ്ങനെ ഒന്ന് അപ്പോ ഷണ് പ്രയോഗം പഠിച്ചില്ല എന്നർത്ഥം ഏ അഞ്ചെണ്ണ ഏതൊക്കെയാണ് ഈ അഞ്ചെണ്ണത്തിൽ നിന്നെ അതി പ്രത്യേകം വരത്തുള്ളൂ അതിൽ തന്നെ ഡതര ഡതമ രണ്ടു പ്രത്യമാണ് പ്രത്യേക ഗ്രീണേ തദന്ത ഗ്രാഹ്യ അത് കഴിഞ്ഞിട്ട് അന്യതര അന്യതമ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് രണ്ടും അമ്പ്യുത്പന്ന പ്രാതിപതികളാണ് അതിൽ അന്യതമ ശബ്ദു അന്യതമം ഇക്കേവ അന്യതമ ശബ്ദത്തിൽ നിന്ന് അന്യതമൊന്നേ വരത്തുള്ളൂ അന്യതമത്തൊന്നും വരത്തില്ല ഏകതരാ പ്രതിഷേധവും വാസ്യഹ ഏകതര ശബ്ദത്തിൽ നിന്ന് ഏകതരത്തൊന്നും വരത്തില്ല അതെല്ലാം ലോകസിദ്ധാന്തീ പഠിച്ചാണ് അപ്പൊ അന്യതമ ശബ്ദത്തിൽ നിന്ന് അന്യതമത് എന്നൊരു രൂപം ഉണ്ടാവാൻ വഴിയില്ലേ അന്യതമ ശബ്ദം എത്തിയവ ഇത് വല്ലതും താർക്കികനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഏ താർക്കികൻ എന്ത് പറയുന്നു അന്യതമത് എന്ന് പറഞ്ഞാൽ ഈ നിയമം ഒന്നും തർക്കയെ അല്ല അന്ന് ചുരുക്കം അന്യതമം എന്നും അവിടെ പ്രശ്നമേ അല്ല താർക്കിയും ചോദിക്കുന്ന ഇതാണ് അന്യതരത്തെന്ന് പറഞ്ഞാൽ അന്യതമത് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം ആരെങ്കിലും അടിക്കുമോ അന്യതരത്തെന്ന് പറയാമെങ്കിൽ അന്യതമത്വെന്നും പറയാം എന്തുകൊണ്ട് അതിൽ ബദരാധിഭ്യ പഞ്ചഭ്യ ബദരാദിയിൽ അന്യതമവും വരുന്നുണ്ടല്ലോ അത് പറഞ്ഞാലെന്താ കുഴപ്പം െന്നുവച്ചാൽ വയ്യാകരണന്റെ റോഡുകളൊന്നും താർക്കിയനും ബാധകമേ അല്ല അതുകൊണ്ടുകൂടെ എന്തോന്നു അന്യതമത്തിന് പോരോ എന്ന് പറഞ്ഞു അന്യതമത് വേറെ ആരെങ്കിലും ആണോ പറയുന്നെങ്കിൽ പ്രശ്നം വളരെ ഗുരുതരമാവും താർക്കിയനായകൊണ്ട് ആർക്കും തൊടാൻ പറ്റത്തില്ല അതുകൊണ്ട് അന്യതമ അന്യതമ തന്നെ ഇല്ലെങ്കിൽ തിരുത്തത്തില്ലേ ഇവിടെ അല്ലേ ഇതൊക്കെ എഴുതിയവരും പഠിക്കുന്നവരും ഒക്കെ വലിയ പണ്ഡിതന്മാരല്ലേ അന്യതമോ എന്ന് കണ്ടപ്പോൾ അവർ അന്യതമ്മത്തെന്ന് കണ്ടപ്പോ എന്താ അവര് ശരിയല്ല അന്യതമ എന്നാകാത്ത എന്താ ഏഹ് തർക്കീനെ തൊടാനൊക്കത്തുള്ളു തർക്കീം പറഞ്ഞാൽ പറഞ്ഞതാണ് അന്യത്തമ്മത്തെങ്കിൽ തമ്മത്ത് തന്നെ നിയമം അവിടെ പറഞ്ഞിട്ട് കാര്യം ഈ നിയമങ്ങളാ വരണ മുന്നേ അവർ ഉപയോഗിച്ച ശബ്ദമാണോ വാശിക്കുന്നെങ്കിലും ഉപയോഗിക്കുന്ന ഈ നിയമങ്ങൾ വരുന്ന മുന്നേ അവർ പ്രാചീനമായി ഉപയോഗിച്ചിരുന്ന ശബ്ദങ്ങളാണ് വളരെ അടുത്ത കാലത്ത് പതിമൂന്നാം നൂറ്റാണ്ടിൽ വ്യാകരണം വന്ന ഏത് കാലത്ത് ബി സി ലെന്നാ പറയുന്നത് കാലബോധം കൂടെ വേണം കുറച്ച് ചരിത്ര ബോധം കൂടെ അല്ല ഈ അന്യതമത്തിന് അവർ ഉപയോഗിക്കാൻ തുടങ്ങിയത് മുൻപേയാണോ അല്ലേ പറഞ്ഞത് അന്യതമിത്യവാ അന്യതമൊന്നെ പ്രയോഗിക്കാവുന്ന മുമ്പേ അങ്ങനെയാണ് പ്രയോഗിക്കുന്നത് അത് ആരെന്തൊക്കെ പ്രയോഗിച്ചാലും ശരി ഞങ്ങളെ സംബന്ധിച്ചൊന്നും പ്രശ്നമേയാണ് ഞങ്ങളങ്ങനെ പ്രയോഗിക്കുക അന്യതമത്തൊന്നേ പ്രയോഗിക്കത്തുള്ളൂ എന്നുവച്ചാൽ ഈ താർ വയ്യാഘടനന്റെ റൂളൊന്നും അങ്ങോട്ട് അങ്ങനെ അങ്ങ് അംഗീകരിച്ചെടുക്കത്തില്ല കാരണം തർക്കയിൽ നിന്ന് എന്താ ഇത്രയും വാശി പിടിക്കുന്നത് പൂർവാചാര്യന്മാരാരെങ്കിലും അന്യതമ്മത്തെന്ന് പ്രയോഗിച്ചിരിക്കും കുഞ്ഞുങ്ങളെ ആചാര്യന്മാരാണ് ഞങ്ങൾക്ക് പ്രമാണം ശിഷ്ടപ്രയോഗമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പ്രയോഗിക്കും എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും അല്ലേ ഇത് ഒരുപാട് ഇങ്ങനെ പ്രയോഗങ്ങളുണ്ട് കാർക്കേന് പലതോ മനുമാൻ ദുമാൻ മഹാൻ സവത് എന്തുകൊണ്ട് പഴയ ആചാര്യന്മാർ പ്രയോഗിച്ചു ഞങ്ങളും പ്രയോഗിക്കും തെറ്റെന്ന് പറയാൻ ഞങ്ങളാരോ അതാണ് താർക്കികന്റെ നിർബന്ധം നമ്മൾ ഇന്ന് പ്രയോഗിക്കുമ്പോൾ അന്യതമത് എന്ന് പ്രയോഗിക്കാൻ പാടില്ല വേണമെങ്കിൽ നോക്ക് പറയാം താർക്കികൻ അന്യതമത് എന്ന് പറഞ്ഞു ഇത്രയും പറയാം അതിനപ്പുറം നമുക്ക് പറയാനുള്ള അവകാശം ഇല്ല പൃഥ്വിയാധിദ്രവ്യാണാം അന്യതമത്വന്യത്വം അതോ അതിനൊന്ന് അന്യമായ ദ്രവ്യമാണോ ആണ് ചോദ്യം അതിൽ ആദ്യത്തെ പക്ഷം എന്താണ് പ്രതിവ്യാധി നവദ്രവ്യങ്ങളെ അന്തർഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു നാന്ദ്യലില ആത്മസു ചവർദശ ഗുണേഷു അതിനോട് അന്വേഷിക്കണം അനന്തർഭാവാതവസാനം അംഗയിക്കുന്നു ക്ഷിതി സലില ആത്മസു ക്ഷത്മാലസു ചതുർദശ ഗുണേഷു എങ്ങനെയാ വിഗ്രഹിക്കുന്നത് ഏതുദശുണ േഷ് ചതുർദസ് അന്യപദാർത്ഥം എന്തായി ക്ഷിതി എല്ലായിടത്തും അതുപോലെ മനസ്സിലായിക്കു പൂർവത്തിലെ ദുന്ദസമാസ ഇവിടെ ബവറി പതിനാല് ഗുണങ്ങൾ ഉണ്ട് ഏറ്റവും കൂടുതൽ ഗുണങ്ങളെ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ഇവരാണ് ആത്മാവിന് വിശേഷങ്ങളും കൂടെ വന്നുകൊണ്ടാണ് കൂടിയത് അത് അനന്തർഭാവ അതവിടെ മനസ്സിലാവും പതിനാല് ഗുണങ്ങളുള്ള ഈ മൂന്ന് ഭൂതങ്ങൾ ദ്രവ്യങ്ങളില് ഏതൊക്കെ ശരി ആത്മാവിൽ തമസ് അന്തർഭവിക്കുന്നില്ല അന്തർഭവിച്ച എന്താ കുഴപ്പം ഈ ഗുണങ്ങളിലും ആ അതാണ് പ്രശ്നം ഇതിലേതെങ്കിലും തമസ് പെടുന്നു എന്ന് പറയുകയാണെങ്കിൽ തമസിലും പതിനാല് ഗുണം കാണും പതിനാല് ഗുണമെന്ന വലിയ പ്രശ്നമാണ് എന്തുകൊണ്ട് തമസില് രസം വരും തമസില് വരും തമസിൽ ബുദ്ധി വരും സ്നേഹ സ്നേഹം വരും ആകെ പ്രശ്നമാവും അപ്പോ ഈ പറയുന്ന മൂന്ന് ഭൂതങ്ങളിൽ അല്ല ആ മൂന്നാണ് മൂന്ന് ദ്രവ്യങ്ങളിൽ തമസുൾപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഈ മൂന്ന് ഭൂതങ്ങളിലുമുള്ള ഗുണങ്ങൾ തമസിൽ അനുഭവപ്പെട്ടയാണ് എന്നുള്ള വാക്ക് താർക്കീയനുണ്ടോ തർക്കീയോ പഞ്ചഭൂതം ദ്രവ്യം ആത്മസ് ചർദശ ഗുണേഷു അനന്തർഭാവ അപ്പം അതാണ് അനന്തർഭാവം എന്ന് മനസ്സിലാക്കിയാൽ പോരാ എന്തുകൊണ്ട് അന്തർഭവിക്കുന്നില്ല കാരണം അന്തർഭവിച്ചിരുന്നു എങ്കിൽ തമസിൻ്റെ ഈ ഗുണങ്ങൾ കണ്ടെ ഇത് ബാക്കി എല്ലായിടത്തും ഇതുപോലെ മനസ്സിലായി അടുത്ത് തേജസ്സി അതില് അന്തർഭവിക്കുന്നില്ല തമസ് അന്തർഭവിച്ചിരുന്നു എങ്കിൽ എന്ത് സംഭവിച്ചു തമസിലും ഏകാദശ ഗുണമൊന്നിനെ ചൂട് അനുഭവപ്പെട്ടത് കുറഞ്ഞപക്ഷം മാതരീശ്വനി നവഗുണേ മാതരീശ്വാധരീശ്വനി അന്തരീക്ഷേ ശ്വേതീതി മാതരീശ്വ ആരാ അങ്ങനെ വിഗ്രഹിച്ചത് ഭാഷകാരൻ ഭാഷ വിഗ്രഹിച്ചിട്ടുണ്ട് അന്തരീക്ഷത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നോണ്ടാണ് മാതരീശ്വ എന്ന് പേര് വന്നത് വായു നവഗുണമാണ് അതിൽ അന്തർഭവിച്ചിരുന്നു എങ്കിൽ എന്തുവരും ഈ ഗുണങ്ങളെല്ലാം അധികം വായുവിലുണ്ട് സ്പർശം തമസിലും അനുഭവപ്പെട്ടു സ്പർശം മനസ്സി അഷ്ടഗുണേ മനസ്സിലെട്ട് ഗുണങ്ങളുണ്ട് അതിൽ അന്തർഭവിച്ചിരുന്നെങ്കിൽ മനസ്സിലെ എട്ടു ഗുണങ്ങളും തമസിലും കണ്ടെ അതും കാണുന്നില്ല നമസി ഷഡ്ഗുണേ ആകാശത്തിൽ ആറ് ഗുണമുണ്ട് അനന്തർഭവ ഉണ്ടെങ്കിൽ ആകാശത്തിന്റെ ഗുണം വന്നു അതും കാണുന്നില്ല ദിക്കാലയോഹോ പഞ്ചഗുണയോഹോ അവിനാശിനോഹോ അനന്തർഭവ ഇവിടെ അങ്ങനെ അവിനാശിനെ ചേർത്തന്നെ ഉള്ളു ദിക്കും കാലവും എന്താണ് നിത്യമാണ് അതിലുള്ള പഞ്ചഗുണങ്ങൾ അതിലഞ്ച് ഗുണങ്ങൾ ഇരിപ്പുണ്ട് മനസ്സ് ദിക്കിലും കാലത്തിലും ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുവരും അതിനുള്ള ഗുണങ്ങളെല്ലാം വന്നെ ഇവിടെ ദിക്കാലത്തുള്ള ഗുണം വന്നാൽ എന്താ കുഴപ്പം ശബ്ദം ദുഃഖാലത്ത് ശബ്ദമുണ്ട് എന്താ സമയവിഭാഗം ഉണ്ടല്ലോ ഇപ്പൊ ഇരുട്ടിന് ഇവിടെ സമയമുണ്ട് സംഖ്യ ഒരു ഇരുട്ടാണ് നിത്യം ഗുണമാണ് നിത്യം ഗുണമുണ്ട് സമയ ഗുണമല്ലേ ഉണ്ടല്ലോ സംയോ എവിടെയാണോ ഇരുട്ടുള്ള അവിടെ സമയമുണ്ട് ദ്രവ്യവുമായിട്ട് സമയമുണ്ട് എന്താ കുഴപ്പം നിത്യദ്രവ്യമാ നിത്യം ഗുണമാണോ ഇതെല്ലാം നിത്യദ്ര നിത്യദ്ര ഗുണത്തിന്റെ കാര്യം പറയുമ്പം നിത്യം പറയുന്ന എങ്ങനെയാണ് അത് വേറെ വിഷയം തമസം നിത്യമാണോ അല്ലേ എന്നുള്ള കാര്യം വിഭുത്വം അല്ലേ വിഭുത്വ വിഭുപരിമാണം തമസനുണ്ടോ എല്ലായിടത്തും ഏഹ് ഇല്ലല്ലോ പഠിച്ച വന്നാ ഇല്ലല്ലോ നശിക്കുന്നതിലെങ്ങനെ വിഭുപരമാരും അതുപോലെ തന്നെ മനസ്സിൽ അഷ്ടഗുണങ്ങള് തമസിൽ വന്നാ എന്താ കുഴപ്പം അണുത്വം വരും അണുപരണാമുണ്ട് മനസ്സിന് ഇരട്ടുവെന്തായിപ്പോവും ണുവായിപ്പോവും പിന്നെ കാണാൻ പറ്റത്തില്ല എല്ലാ ഗുണവും വരുന്നതുകൊണ്ടല്ല ചില ഗുണങ്ങൾ വന്നാൽ ദോഷം വരും സംയോഗ വിഭാഗം വന്നുകൊണ്ട് ദോഷമൊന്നുമില്ല പൃഥക്ത്വം വന്നുകൊണ്ട് ദോഷമില്ല പക്ഷെ അണുത്വം വന്നാൽ പ്രശ്നമാണ് വിഭുത്വം വന്നാൽ പ്രശ്നമാണ് ദിക്കാലയോ പഞ്ചഗുണയോ അവിനാശിനോഹോ അവിനാശിയുമാണ് അതിന്റെ വിഷയം ഇനി പറയും അന്തർഭാവിയത്വ താവത് ഗുണത്വ പ്രസംഗ അന്തർഭാവം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും തമസനും വരും എല്ലാത്തിലും അന്തർഭവിക്കാമെന്നല്ലേ പറയുന്നു പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ നവദ്രവ്യങ്ങളിലും അന്തർഭവിക്കുന്നു എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഗുണങ്ങൾ എവിടെ വരും തമസനും വരും ഇനി വേറെ ദോഷം കൂടെ പറയുന്നു ആത്മാതവ് അന്തർഭാവ നിത്യുത്വാപത്തെ ഇത് മറ്റൊരു ദോഷമാണ് ആത്മാ കാലം ദിക്ക് ആകാശം ഇതിലെല്ലാം തമസ് അന്തർഭവിച്ചു എന്ന് വന്നാൽ എന്തുവരും നിത്യമാവും തമസ് നിത്യമായ എന്താ കുഴപ്പം പ്രകാശം കൊണ്ടും നശിക്കത്തില്ല തമസ് പ്രകാശം കൊണ്ട് നശിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് ആത്മാവ് അന്തർഭാവിയെ നിത്യത്വ പ്രത്യേക ആത്മാതി അന്തർഭവിച്ചു കഴിഞ്ഞാൽ ആത്മാതി എന്ന് പറയുന്നോണ്ട് ആത്മാല ഉം അയാൾക്ക് അന്തർഭവിച്ച നിത്യത്വ മനസ്സ് അത് കഴിഞ്ഞ് രണ്ടാമത്തെ പക്ഷം ശരിയല്ല ഏതാണ് രണ്ടാമത്തെ പക്ഷം ദശമ ദശമദ്രവ്യം അന്യദ്രവ്യം അതാണ് മറ്റൊരു ദ്രവ്യത്തെ ആയിട്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല തോമസിനെ ഇത്രേലും എന്തായാലും അന്തർഭവിച്ചില്ല അന്തർഭവിച്ചെങ്കിലും ആകെ പ്രശ്നമായി ഈ കാണുന്ന തോമസിന് നമുക്ക് കിട്ടത്തില്ലായിരുന്നു താമസ് ഇല്ലാത്തൊരു കാര്യം ആലോചിച്ചു നോക്കിയേ തോമസാർക്കും വേണ്ട പക്ഷേ തോമസ് ഇല്ലെങ്കിലും വലിയ പ്രശ്നമായി പോയിരുന്നു തോമസില്ലെങ്കിലും വലിയ പ്രശ്നമാണോ ഏഹ് നമ്മൾ കണ്ണൊക്കെ പീസായി പോവും അടിച്ചുപോകും ബൾബ് പോകും പോലെ പോവും തോമസ് ഇല്ലെങ്കിൽ വി അതിൽ മറ്റൊരു ദ്രവ്യമായി സ്വീകരിക്കുമ്പോൾ അതിനെ നിർഗുണമായി സ്വീകരിക്കും സഗുണമായി സ്വീകരിക്കും എന്നാണ് ആദ്യത്തെ ചോദ്യം പത്താമതൊരു ദ്രവ്യത്തെ അംഗീകരിച്ചിട്ട് അത് നിർഗുണമാണോ സഗുണമാണോ ആദ്യത്തെ പക്ഷേ ഏതാണ് നിർഗുണമാണെന്ന് വന്നു കഴിഞ്ഞാൽ അതാണത് പറയുന്നത് നിർഗുണ ദ്രവ്യത്വ അനുപത്തോ ദ്രവ്യാന്തരത്വതരം അനുപത്തെഹേ ഇനി നിങ്ങൾ അതിനൊരു നിർഗുണദ്രവ്യമായി സ്വീകരിക്കുകയാണെങ്കിൽ ആദ്യത്തെ ദോഷം എന്താണ് ഗുണവത്വം ദ്രവ്യസാമാന്യ ലക്ഷണം ദ്രവ്യത്തിന്റെ ലക്ഷണം തന്നെ എന്താണ് ഗുണവത്വം തമസ് ദ്രവ്യമാണ് നിർഗുണമെന്ന് പറഞ്ഞാൽ ദ്രവ്യമല്ല എന്തുകൊണ്ട് ഗുണമില്ലാത്ത ദ്രവ്യം ഇല്ല ഗുണമില്ലാത്ത ദ്രവ്യമേ ഇല്ലെങ്കിൽ പിന്നെ പത്താമതെങ്ങനെ ഗുണമില്ലാത്ത ദ്രവ്യം വരും ഗുണമില്ലാത്ത ഒരു ദ്രവ്യമേ ഇല്ല അപ്പോ പത്താമത്തെ വരുമോ അപ്പോ തർക്കികന്മാർ ഖണ്ഡിക്കുന്ന വളരെ യുക്തിയുക്തമായിട്ടാണ് അത് ശ്രദ്ധിക്കുന്നത് വെറുതെ അങ്ങ് പറഞ്ഞു പോവായിരുന്നു അവരെത്ര കഷ്ടപ്പെട്ടാണ് തോമസിനെ അഭാവമാക്കി വച്ചിരിക്കുന്നത് വെറുതെ അവരങ്ങ് വിട്ടുകൊടുക്കൂ തയ്യാറാവൂ ഒരിക്കലും നിർഗുണസ്യ ദ്രവ്യത്വം അനുഭവം ഗുണവത്വം അതുകൊണ്ട് നിർഗുണമായ ഒന്നും ദ്രവ്യം ആകത്തില്ല ദ്രവ്യാന്തര അന്യദ്രവ്യം ദ്രവ്യാന്തരം മറ്റൊരു ദ്രവ്യം ഒരിക്കലും ആകത്തില്ല എന്ന് വെച്ചാൽ പത്താമതൊരു ദ്രവ്യമാകാൻ പോകുന്നില്ല എന്തുകൊണ്ട് നിർഗുണം വെച്ചു അങ്ങനെ ഒരു അതിനുള്ള സാധ്യതയില്ലെന്ന് ഈ പറയുന്ന ഖണ്ഡനങ്ങൾ മനസ്സിലാവണമെങ്കിൽ താർക്കികന്മാരുടെ പദാർത്ഥത്തെക്കുറിച്ച് നല്ല അറിവാണ് എന്നാൽ ഈ പറയുന്നതൊക്കെ ശരിക്കും മനസ്സിലാവും തർക്കം പഠിക്കാത്തവർക്ക് ഈ ഭാഗങ്ങൾ എങ്ങനെയാണ് ദ്രവ്യങ്ങൾ അന്തർഭവിച്ച അന്തർഭവിക്കാത്തത് അന്തർഭവിച്ച എന്ത് ദോഷമാണ് ഒന്നിലെ ഏത് ഗുണങ്ങളാണ് ഇത്തരം കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം അവന് തർക്ക സംഗ്രഹം മൂലം പഠിച്ചിരുന്നാണ് അത് പഠിക്കാത്തവർക്കിതൊരു പ്രയാസം ഞാൻ പറയാൻ കാരണം ഇതിന്റെ ക്ലാസ് നെറ്റിൽ കേട്ടിട്ട് ചെല്ലോ തി കേട്ട് ഒരു അക്ഷരവും മനസ്സിലാവുന്നില്ല ഒരുപടിയും കിട്ടുന്നില്ല എന്തൊക്കെയാ പറയുന്നത് പക്ഷെ തർക്ക സംഗ്രഹം പഠിച്ചവർക്ക് എന്തെങ്കിലും ഇനി മനസ്സിലാകാനുണ്ടായില്ല പുതിയ ഒന്നുമില്ല സംഗതി വളരെ വ്യക്തമാണ് അങ്ങനൊരു ചെറിയ പുസ്തകത്തിന്റെ ഉപയോഗം തർക്കസംഗ്ര പേജുണ്ട് ഏ ഇത്രയും വലുപ്പമുള്ളൊരു പുസ്തകം പഠിക്കുന്നതിന് വരും നാല് പേജുള്ള ഒരു പുസ്തകം പഠിച്ചു അത് പഠിക്കാൻ മനസ്സില്ലാതെയും ഇത് പഠിക്കാൻ മനസ്സുകാണിക്കുന്നവരുണ്ട് അവരും ഇരുന്നോട്ടെ നമ്മൾ നിരാശപ്പെടുത്തുന്നില്ല പക്ഷെ അല്പം ഗുരുതരമാകും ഒമ്പത് ദ്രവ്യങ്ങളിൽ നിർഗുണമായൊന്നും ഉൾപ്പെടത്തില്ല അതുകൊണ്ട് ഒരു കാരണവശാലും പത്താമത്തെ ദ്രവ്യമല്ല ഇനി നീലോത്പല ശ്യാമം തമ കഥം നിർഗുണമിരിച്ച് തമസ്സിനെ സഗുണമായിട്ടെടുക്കാം നിർഗുണമെന്നുള്ള വക്ഷം വിട്ടു സഗുണപക്ഷം എടുക്കുകയാണ് തമസ് എന്ന് പറയുന്നത് എന്താണ് ള ശ്യാമം നീലോൽപലത്ത പോലെ ശ്യാമം നിറഞ്ഞോ നീലോത്പലം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല നീലോൽപ്പലം കണ്ടിട്ടില്ല ഏ കരിങ്കളം കണ്ടിട്ടുണ്ടോ അതും കണ്ടിട്ടില്ല നിങ്ങൾ നാട്ടിൽ നിന്നും കൃഷി ചെയ്യാതെ കിടക്കുന്ന വയലേ വെള്ളം ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്യാതെ കിടക്കുന്ന വയലിൽ എവിടെ പോയാലും അവിടെ ഒരു കരിങ്കുവളമെങ്കിലും കാണും കരിങ്കുവളംന്ന് തന്നെയാ പറയു അതായത് നമ്മുടെ ആഫ്രിക്കൻ പായല് പോലെ ഒരു സ്ഥലമാണ് ഇല ചെറുതായിരിക്കും അതുപോലെ ഇരിക്കും അതിൽ നിന്ന് പൂ ഉണ്ടായിരിക്കും ആ പൂവില് അല്പം വെളുപ്പും ബാക്കി നീല കലർന്ന ഇരുണ്ട നിറം കണ്ടുണ്ടോ അതാണ് കരിങ്കോള അതിനൊരു വെളുത്ത തണ്ടും കാണും അത് ചേർത്തിങ്ങനെ കെട്ടിവെച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അലങ്കാരത്തിനൊക്കെ അതിങ്ങനെ പറിച്ച് എടുത്ത് ഓരോന്നായിട്ട് പറിച്ചെടുത്ത് ചേർത്തിവിട്ടു When you see the face, you see the face of the face. The face of the face of the face of the face, the face of the face of the face of the face. Is it the face of the face? No. No. What is that? Is there a name in Kariṅguba? No. Yes. It is. I am speaking to you about this knowledge. I am a person in the same way. അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയെന്നൊരു സമാധാനം എനിക്കുണ്ട് ഇനി അതാണെങ്കിലും അല്ലെങ്കിൽ ഇനി ആരെങ്കിലും അതല്ലെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കാൻ തയ്യാറല്ലെന്ന് പറയുന്നത് ഏ അതെയല്ല അതെയല്ല ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് കുബലയത്ത് നീലോത്പലദള നീലോത്പലദളമ്യാമം എങ്ങനെയാണ് സമാസം വരുന്നത് സമാസം പഠിച്ചിട്ടുള്ളത് ഏന ഇവശ്യാമ ഘനശ്യാമ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു സമാസമാണ് ഘനശ്യാമൻ ആരാണ് ശ്രീകൃഷ്ണൻ എന്നിട്ടാണോ നിങ്ങൾ മറന്നുപോയത് ഞാനും മറന്നുപോയെന്നാ തോന്നുന്നു ആരെങ്കിലും ഒന്ന് പറയില്ല എന്നെങ്കിലും രക്ഷപ്പെടുത്താൻ ഉപമാനാനി സാമാന്യവചന അത്മാനാനി ഉപമാനവാച ശബ്ദങ്ങള് സാമാന്യ ശബ്ദങ്ങള് അതായത് ഖന ഇവനത്തെ മേഘത്തെ പോലെ ഖനമാണ് ഉപമാനവാചകം അത് ശ്യാമം ഉള്ളത് എന്നുള്ള അർത്ഥത്തിലുള്ള ശ്യാമശ്ദവുമായിട്ട് സമാസം ചെയ്തിട്ട് ഖനത്ത പോലെ ശ്യാമവർണം ഉള്ളവൻ ഖനശ്യാമൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നു അതുപോലെ നീലോത്പല തളത്ത പോലെ ശ്യാമവർണ്ണമുള്ളതാണെന്ത് കറുപ്പ് നീലോത്പലത്തിന് അതാണത് ശരിക്കും നീലയുമല്ല നീലയ്ക്ക് സംസ്കൃതത്തിൽ കറുപ്പെന്നു അർത്ഥമുണ്ട് കറുപ്പുമല്ല ശരിക്ക് കറുപ്പുമല്ല ഇരു ഇരുളുപോലെയല്ല ഇരിക്കുന്നു പക്ഷേ ഇതവര് ആലങ്കാരികമായി പറയാണ് നമ്മൾ കറുത്ത നിറം കൊണ്ട് അതിനെ തിരിച്ചറിയുന്നു എന്ന് കാണിക്കാൻ വേണ്ടി പറയുന്നത് ശരിക്കും ഇരുളെന്ന് പറഞ്ഞാൽ കറുപ്പാണ് കാക്കയെപ്പോലെയാണിരിക്കുന്നത് അല്ലല്ലോ കാക്കയെപ്പോലെയല്ല ശരിക്കും എന്താകാശം പോലെ നീലയാണ് അല്ല പക്ഷേ ഇരളിൻ്റെ ഒരു നിറം ഉണ്ട് അല്ലേ അതുകൊണ്ടാണ് നമ്മൾ സാധനം പറയാറുണ്ട് അതൊരു ഇരുണ്ട നിറമാണെന്ന് പറയും ഇരുട്ടിന്റെ നിറം എന്തോ ഒന്ന് കാണുന്നുണ്ട് കണ്ണുകൊണ്ട് അത് നല്ല ഇരുട്ടത്ത് നോക്കണമെന്നില്ല ഈ ചെറിയ നെഴി നോക്കിയാൽ മതി എന്തോ അവിടെയൊന്നും കാണുന്നില്ലേ രൂപമല്ലെങ്കിൽ കാണാൻ പറ്റുമോ ഇനി അഭാവമാണെങ്കിൽ ഘടത്തിന്റെ അഭാവമുണ്ട് അഭാവം ആണെങ്കിൽ ഇരുള പോലെയാണിരിക്കുന്നത് അഭാവത്തെങ്ങനാ നമ്മൾ കാണുന്നത് അധികരണമായിട്ട് കാണാൻ പറ്റും അവിടെ വേറൊന്നും കാണാനില്ല ഇരുളങ്ങനെയാണോ ഇരുളിരിക്കുന്ന അധികരണം കാണാൻ പറ്റുമോ ചെറിയ ഇരുളാണെങ്കിൽ കാണാം എന്നാലും അത് നമുക്ക് ഇരുളിലൂടെ കാണാൻ പറ്റും നിഴലിലൂടെ നമ്മൾ അധികരണത്ത് കാണും അവിടെയും നിഴലിനെയും കൂടെ കാണേണ്ടി വരും കാണുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അത് രൂപമുള്ളതാണ് രൂപമുള്ളതാണെങ്കിൽ അത് ഭാവമുള്ളതാണ് അഭാവം എന്ന് ഇങ്ങനെ പറയാൻ പറ്റും താർക്കിനെന്തു ഉദ്ദേശിച്ച പറഞ്ഞ അഭാവം പറയാൻ പറ്റുമോ ഏ പ്രകാശത്തിന്റെ അഭാവം എന്ന് പറയാൻ പറ്റും നിങ്ങൾ കാണുന്നില്ലേ സംശയം ഉണ്ടെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഇരുട്ടി നോക്കി ണുന്നുണ്ടോ അത് അഭാവമാണോ കാണുന്നു ഏ അവിടെ ഒരു സാധനം കാണുന്നുണ്ടോ അഭാവം കാണുമ്പോലെയാണോ കാണുന്നു കാണുന്നുണ്ടെങ്കിൽ പറയുന്നു നീലോത്പല ദള ശ്യാമം മഹത് ഇനി രാത്രിയൊക്കെ ഇരുട്ടെങ്ങനെ കാണുന്നു മഹത്തായിട്ട് സർവ്വത്ര വ്യാപിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കുറ്റാക്കുരുട്ടിരുട്ട് ഒരു വൃക്ഷമോ മനുഷ്യനോ ഒന്നിനെയും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം പേടിച്ച് രാത്രി പുറത്തിറങ്ങാത്തവരുടെ അടുത്ത് ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ രാത്രി പുറത്തിറങ്ങിയ കാണുന്ന ഭൂതത്തെയും പ്രായത്തെയൊക്കെയാണ് ധൈര്യമുള്ളവർ ഇറങ്ങി നോക്കണം നോക്കിയാലും പ്രയാസമാണ് ഇന്നത്തെ കാലത്ത് ഇരുട്ട് കാണും വൈദ്യുതീകരിച്ചു അതെ കറണ്ട് പോകുമ്പോൾ ഇറങ്ങി നോക്കണം ഇരുട്ട് കാണാൻ പറ്റും എല്ലായിടത്തും കറണ്ട് പോകുമ്പോൾ പുറത്തിറങ്ങി നോക്കിയ മാവാസ് രാത്രിയിലാണെങ്കിൽ കാണാൻ പറ്റും ഇരുട്ട് കാണാൻ വളരെ പ്രയാസമാണ് ഏറ്റവും ദുർലഭമായ ഒരു വസ്തുവാണ് ഇരുട്ടെന്ന് പറയുന്നു മഹത്വലക്ഷ്യമാണം മഹത്തായും ശാമമായും കാണപ്പെടുന്ന തമസ് കാണപ്പെടുന്നത് ലക്ഷ ദർശനെ ദർശിക്കപ്പെടുന്ന ലക്ഷ്യമാണ് എന്തിനു പോണ് കർമ്മണി ക്ഷ്യമാകുന്നു കാണപ്പെടുന്നതെന്ത് തമസ് കഥം നിർഗുണം അതിനെങ്ങനെയാ നിർഗുണം എന്ന് പറയുന്നു തമസിന് നിർഗുണമെന്ന് പറയാൻ പറ്റും രണ്ട് പരിണാമങ്ങളുണ്ട് അതിന് ഏതൊക്കെയാണ് മഹത്ത് ഇവിടെ ഇപ്പം മഹത്തല്ലേ പറഞ്ഞു മഹത്പരി മഹത്പരിമാണവും പിന്നെ രൂപ രൂപമുണ്ട് മഹത് പരിമാണമുണ്ട് രണ്ട് ഗുണങ്ങളുണ്ട് കഥം നിർഗുണം വിരിച്ച് അണു എന്ന് പറയാൻ പറ്റത്തില്ല അണുവാണെങ്കിൽ പിന്നെ കാണാൻ പറ്റുമോ പിന്നെ മധ്യമ മഹത്വം അങ്ങനെ പറയാ ചെറുതും വലുതും ഉണ്ടല്ലോ അങ്ങനെ പറയാ ശരിയല്ല ഇതാരാ പറഞ്ഞത് കാർക്കികനാണ് തോമസിന് രണ്ടു ഗുണമുള്ള മഹത്തും രൂപവും ശബ്ദത്തിന് പകരം പരിധി എന്നുള്ള ശബ്ദം ഉപയോഗിക്കാമോ പരിധി എന്ന് പറഞ്ഞാല് പറയാൻ പറ്റുന്നു പരിധി എന്ന് പറയുന്നതിന്റെ അപരിക്ക് പരിമിതി പരിമിതി എന്ന് പറയാൻ പറ്റുന്നു അവധിക്കാണ് പരിധി എന്ന് പറയുന്നത് ചക്രപരിധി എന്ന് പറയുന്നത് ചുറ്റുമുള്ള ഭാഗം ചക്രവാള ചക്രവാള ഒരു പരിധിയാണ് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു ഇത് താർക്കികന്മാരുടെ സാങ്കേതികമായ പദമാണ് പരിഭാഷിക ശബ്ദമാണ് പരിമാണം അളവ് എന്ന് തന്നെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ സിദ്ധാന്തി അദ്വൈതി പറയുന്നു നീലരൂപാർത്ഥ സായവ്യാപ്താവേ ഭാവായ സിദ്ധാന്തി പറയണം തമസില് നീലരൂപം ഇല്ല എന്തുകൊണ്ട് നീലരൂപസ് ഗന്ധാതി ഏകാർത്ഥ സംവായന നീലരൂപത്തിന്റെ പ്രത്യേകത എന്താണ് അത് ഗന്ധാതി ഗുണങ്ങളോടുകൂടി ഒരു ദ്രവ്യത്തിൽ സ്വായ സംബന്ധത്തിയിരിക്കുന്നതാണ് ഇതാണ് പറഞ്ഞ പൃഥിവി എടുക്കുക പൃഥിവിയിൽ നീലരൂപമുണ്ട് അവിടക്കെന്ത നടത്തും പൃഥിവിയിലാണ് നീലരൂപം ഇരിക്കുന്നത് എവിടെയാണോ നീലരൂപം ഇരിക്കുന്നത് അവിടക്കെന്തോണ്ട് ന്ധം മാത്രമല്ല രസം രസമില്ല ഇവിടെ പൃഥിവിയിൽ സ്പർശമില്ല അപ്പോ ഗന്ധം സ്പർശം തുടങ്ങിയ അനേക ഗുണങ്ങളോട് ഒപ്പം ഇരിക്കുന്ന ഒരു സാധനമാണ് നീലരൂപം എവിടെ പൃഥിവിയിൽ യത്രൂമ തത്ര വീലൂപ്പം എത്രയധ ത്രീല രൂപ എത്രയെത്ര ഗന്ധാഭാവ നീലരൂപ അഭാവൻ പറ്റും പറയാൻ പറ്റും തിരിച്ചു പറയാ അങ്ങനെയാണോ എത്രയെത്രീലഭാവ നീലരൂപ തന്ധ എത്രയെത്ര ഗന്ധാഭാവ നീലരൂപാഭാവ എത്ര എത്ര ധൂമ അത്ര ഭക്തി എത്രയത്ര വന്യഭാവ ധൂമാഭാവ എവിടെ എവിടെയെല്ലാം നീലരൂപം കാണുന്നുണ്ടോ അവിടെ എവിടെയെല്ലാം ഗന്ധമുണ്ട് ഗന്ധമില്ലേ നീലരൂപവും ഇല്ല എവിടെ എവിടെയെല്ലാം നീലരൂപം കാണുന്നുണ്ടോ പൃഥ്വിയിൽ അവിടെ എവിടെയെല്ലാം എവിടെ ഗന്ധം കാണുന്നില്ലേ തമസിൽ അവിടെ നീലരൂപില്ല ശരിയായ എവിടെ എവിടെയെല്ലാം നീലരൂപം കാണുന്നുണ്ടോ പൃഥിവിയിൽ അവിടെ എന്തുണ്ട് ഗന്ധവും നീലരൂപം വ്യാപ്യവും ഗന്ധം വ്യാപകവും വ്യാപകാഭാവ വ്യാപ്യാഭാവ എത്ര ഗന്ധാഭാവ എവിടെ നീല രൂപമല്ലേ പിന്നെ ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ പറയാൻ പറ്റും ആകാശത്ത് ഗന്ധമുണ്ടല്ലോ ആകാശം നീരൂപമല്ലേ തർക്കം വിട്ടുകളയരുത് ഇത് നാട്ടു വർത്തമാനല്ല ആകാശം നീരൂപമാണ് നീലരൂപാതില വർണ്ണങ്ങളുണ്ടെന്ന് പറയുന്നില്ലേ അഗ്നി അഗ്നിയിലെ വർണ്ണ ഏതാന്നാ പറഞ്ഞത്യോജന അഗ്നിയിലെ വർണ്ണ ഏതാണ് ഏതാണ് പിന്നെന്താ നീരൂപസ്യ നീലരൂപ നീലരൂപം എന്താണ് ഗന്ധാതി ഏകാർത്ഥ സോവായന ഏകാർത്ഥ സമവായാണ് നീലരൂപം ഏതിനോടൊപ്പം ഇരിക്കുന്നു എന്താ ഇതിനോടൊപ്പം നീലല്ലേ ഉള്ളൂ വേറെവിടെ ഉള്ളത് പിന്നെ അപ്പ് അപ്പിന്റെ രൂപം എന്താണ് പിന്നെ തേജസ് തേജസിന്റെ എന്താണ് ബാസ്രൂപം പിന്നെ ജലം ജലം അത് പിന്നെ വായു അതില് രൂപമുണ്ടോ ഇല്ല െന്താ പ്രശ്നം അതാണ് നീലരൂപം ഏകാർത്ഥത്തിൽ സുഖമായാണ് ഗന്ധത്തോടക്കം എവിടെ എവിടെയൊക്കെ നീലരൂപം കാണുന്നുണ്ടോ അവിടെ എവിടെയെല്ലാം ഗന്ധവും ഉണ്ട് ഇതാണ് സമയ തദ്വ്യാപ്തസ്യ തദ്വ്യാപ്തന്ന് പറഞ്ഞാ എന്താ അർത്ഥം നീലവ്യ നീലവ്യാപ്താപ്തി അതാണ് വ്യാപ്യം ഏതാണ് ഇവിടെ ആ നീലരൂപം എത്രയെത്ര നീലരൂപം തത്ര ഗന്ധം വ്യാപ്തം എന്ന് പറഞ്ഞാൽ വ്യാപ്തി വിശിഷ്ടം വ്യാപ്യത്തിലാണ് വ്യാപ്തി വ്യാപ്തി വിശിഷ്ടമായി വ്യാപ്യം നീലരൂപം വ്യാപ്യം അത് വ്യാപ്തി വിശിഷ്ടമായി അന്ന് പറയുന്നത് എത്ര എത്ര നീലരൂപം ഗന്ധം അപ്പൊ ഇവിടെ തത് ശബ്ദം കൊണ്ടുപോയി എടുക്കും തത് ശബ്ദം കൊണ്ടുപോയി എടുക്കും അത് മാത്രം പറഞ്ഞാൽ അതി ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട ശ്രദ്ധിച്ചിരുന്നാ പറയാൻ പറ്റും ഗന്ധം തദ്വ്യാപ്തം ഗന്ധേന വ്യാപ്തം നീലരൂപം മണ്ണിനാ വ്യാപ്തം ധൂമം മണ്ണിനാവ്തം ധൂമം യഥാർത്ഥം ഗന്ധവ്യാപ്ത ഗന്ധവ്യാപ്തം എന്തായി നീലരൂപം തമസല്ല നീലരൂപം തെറ്റിക്കരുത് ഗന്ധവ്യാപ്തമായി നീലരൂപം എത്ര എത്ര നീലരൂപം തത്ര തത്ര ഗന്ധ അതാണ് തദ്വ്യാപ്താവേ എന്ന് പറഞ്ഞാൽ ഭാവായോഗാൽ നീലരൂപയോഗ മനസ്സിലായോ വ്യാപകമില്ലെങ്കിൽ വ്യാപ്യവും ഇല്ല തഥാവം എന്ന് വെച്ചാൽ ഇരുട്ടിന് നോക്കുക ഗന്ധമുണ്ടോ ഇല്ലാത്തോണ്ട് അവിടെ എന്തില്ല നീലരൂപം ഇല്ല യുക്തി ഉണ്ട് പറയുകയാണ് നിങ്ങളെന്ത് കാണുന്നു ഇല്ല എന്നുള്ളതല്ല പറയുന്നു നിങ്ങൾ കാണുന്നതിനായി നിങ്ങൾ പറയുന്നത് നീലരൂപമാണ് നല്ലെന്നാ പറയുന്നു എന്തുകൊണ്ട് എത്രയെത്ര നീലരൂപത്ര എത്രയെത്ര നീലരൂപം ഗന്ധ എത്ര എത്ര ഗന്ധാഭാവ നീലരൂപഭാവ എത്രയെത്ര നീലരൂപം അതുകൊണ്ടിത് മനസ്സിലാകും വ്യക്തമായി മനസ്സിലാകണം നിത്യ ഇവിടെ പോയി സംവായ തദ്വ്യപ്താൽ ഗന്ധവ്യപ്ത ഭാവേ ഭാവ ഭാവ നീലരൂപസ് ഭാവത്വം നാസ്തി എന്നർത്ഥം അപ്പൊ ഈ പറയുന്ന ഒരു യുക്തി ഉണ്ട് എന്ത് സമർത്ഥിച്ചോ നീലരൂപം തമസിലില്ല തമസിലില്ല കാണുന്നത് എന്താണിപ്പോ നീലരൂപമല്ല നിങ്ങൾ കാണുന്നത് നീലരൂപം അല്ല ഭ്രമിച്ചിരിക്കണെന്താണോ നീലരൂപം അവിടെ ഇരിക്കുന്നുണ്ട് വാസ്വത്തിൽ അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ല ശരി